അത് ഏതിൻ്റെതാണെന്ന് കൃത്യമായി വിവച്ഛേദിക്കാൻ പറ്റാതെ വരികയോ ചെയ്യുന്നുവെങ്കിൽ നിങ്ങളുടെ അർബുദ കോശങ്ങളെ കണ്ടെത്തിയെന്നും അവ അർബുദ കോശങ്ങൾ തന്നെയാണെന്നും ഒക്കെ നിശ്ചയിച്ചുറച്ചു നിങ്ങളുടെ ധാരണയും വൈദ്യശാസ്ത്രജ്ഞന്റെ ഉറപ്പും ശാസ്ത്രത്തിൻ്റെ ദൃഷ്ടിയിൽ അനിശ്ചിതത്വമുള്ളതാണ് അർബുദം പഠിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് കോശ കോശാന്തരങ്ങളിൽ പ്രത്യേകിച്ച് കാരണം നിങ്ങൾ വല്യശാസ്ത്രം വികസിച്ചപ്പോൾ ഇമ്മ്യൂണോളജി ഇമ്മ്യൂണോളജി അതായിരിക്കും നിങ്ങൾക്ക് പരിചയമുള്ള കുറകം ബല്യശാസ്ത്രമൊന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല മലയാളം നിങ്ങൾക്ക് പലപ്പോഴും അന്യമാണ് സംസ്കൃതം അതിനേക്കാൾ ബല്യശാസ്ത്രം ബല്യശാസ്ത്രം മീൻസ് ബലത്തെ സംബന്ധിക്കുന്ന ശാസ്ത്രം വ്യാധിക്ഷമത്വബലത്തെ വ്യാധി പ്രതിബന്ധകത്വ ബലത്തെ സംബന്ധിക്കുന്ന ശാസ്ത്രം വല്യശാസ്ത്രം ഉമ്മണി ബല്യ അല്ല നിങ്ങൾക്ക് മനസ്സിലാകുമെന്നുള്ളതുകൊണ്ടല്ല ഞാൻ ഈ പദങ്ങൾ പറയുന്നത് എൻ്റെ നാടിൻ്റെ ഭാഷ ഇനിയും നിങ്ങൾ കേട്ട ആരിലെങ്കിലും തലച്ചോറിൽ എത്തിയാൽ ജീവിച്ചിരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചിട്ടാണ് നിങ്ങൾ കൊല്ലാനൊരുങ്ങുമ്പോഴും പാരമ്പര്യങ്ങൾ ജീവൻ കൊടുത്ത് വളർത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു ഇതിവൃത്തത്തിൽ ആ പദങ്ങളോട് ബന്ധം പുലർത്തുമ്പോൾ കിട്ടുന്ന അവാച്യമായ ഒരു ആനന്ദം ഒന്നുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് കൊണ്ടല്ല നിങ്ങൾ സമ്മതിച്ചു എനിക്ക് വിശ്വാസവുമില്ല പ്രതിബന്ധകത്വബലം എന്നൊന്നുണ്ട് വ്യാധിയെ തടഞ്ഞു നിർത്തുന്നത് വ്യാധി പ്രതിബന്ധകത്വബലം വ്യാധി വന്നാൽ അതിനെ ക്ഷമിക്കാൻ കഴിയുന്ന വ്യാധി ക്ഷമത്വബലം വ്യാധി ക്ഷമത്വബലം വ്യാധി പ്രതിബന്ധകത്വബലം പ്രതിബന്ധകത്വബലം തന്നെ പ്രതിരോധ ബലം അതായത് ഒരു രോഗം എനിക്ക് വരാതിരിക്കുവാൻ പാകത്തിന് ആ രോഗാണുക്കളെ ചെറുക്കാൻ എൻ്റെ ശരീരം എൻ്റെ കോശങ്ങൾ സുസജ്ജമായിരിക്കുന്നു അത് പ്രതിബന്ധകത്വബലമാണ് മനസ്സിലായി രോഗം അകത്തേക്ക് അതിനെ സഹിക്കാനും അവനെ കൂടി ഉൾക്കൊള്ളാനും അവനെ അകത്ത് വെച്ചുകൊണ്ടിരിക്കുവാനും അവൻ എനിക്ക് അപകടകാരിയാകാതിരിക്കുവാനും ആ ബലമില്ലാത്ത ഒരുത്തൻ എന്നോട് സംസർഗം പുലർത്തിയാൽ അവനിൽ അതിനെ പകർത്തി കൊടുക്കുവാനും കഴിയുന്നത് എന്റെ വ്യാധി ക്ഷമത്വ ബലമാണ് അവിടെയാണ് മനുഷ്യനും മനുഷ്യനും തമ്മിൽ ഇടപെടുമ്പോഴൊക്കെ സൂക്ഷിക്കേണ്ടത് ഭാര്യയെ പരിശോധിച്ചു എച്ച് ഐ വി ഇല്ല രണ്ടുപേരും തമ്മിൽ ശാരീരിക ബന്ധം പുലർത്തിയത് ഭാര്യ പേടിച്ചു തനിക്കും വരുമോ പത്ത് കൊല്ലം കഴിഞ്ഞ് പരിശോധിക്കുമ്പോഴും ഭാര്യക്കില്ല ഭർത്താവ് ഒമ്പത് കൊല്ലം കഴിഞ്ഞപ്പോൾ മരിച്ചുപോയി ഭാര്യ രണ്ടാമത് വേറൊരു വിവാഹം കഴിച്ചു ഗവൺമെന്റ് പറഞ്ഞ പരീക്ഷണമൊക്കെ നടത്തി ടെസ്റ്റ് എല്ലാം നടത്തി ടെസ്റ്റേൺ പ്ലോട്ട് നടത്തി യാതൊരു അയാൾ വിവാഹം കഴിച്ചു ഒന്നര കൊല്ലം കഴിഞ്ഞു അയാൾക്ക് എച്ച് അയാൾക്ക് വയറിളക്കം വന്നു ഇവളോട് ബന്ധപ്പെട്ട് ആദ്യ രാത്രി തന്നെ വയറിളക്കമായി അടുത്ത ദിവസം നോക്കിയപ്പോൾ കവളൊട്ടാൻ തുടങ്ങി ക്ഷമ വരാൻ തുടങ്ങി കൊണ്ടുപോയി പരിശോധിച്ചു എച്ച് ഐ വി ആണ് മനസ്സിലായില്ല മനസിലാകുന്നില്ല അയാൾ മരിച്ചു അപ്പൊ അടുത്തുള്ളയാള് പറഞ്ഞു ഇവളിലൊരു പിശാചുണ്ട് അതുകൊണ്ട് ഇവളോട് പരിചയപ്പെടുന്നതല്ല ഉടനെ മന്ത്രവാദി വന്നു സന്തോഷ് വന്നു മറ്റുള്ളവർ വന്നു ജ്യോതിഷി വന്നു ഇങ്ങനെയൊക്കെ അപകടങ്ങൾ മനസ്സിലായില്ല അതിനേര് കാലഘട്ടമാകും മറിച്ച് അവളിൽ ആ എച്ച് ഐ വി ഉണ്ടാക്കുന്ന വൈറസുകൾ ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ് അത് അവളിരുന്നു കൊണ്ട് പരിചയപ്പെടുന്നവരെ അപകടപ്പെടുത്തും അപ്പോൾ ക്ഷമത്വബലമുണ്ട് അതേ വ്യാധി ക്ഷമത്വബലം ഉള്ളവന് വിവാഹം കഴിക്കാം സങ്കീർണമാണോ ശാസ്ത്രം അല്ലേ സങ്കീർണമാണ് കാരണം വിവാഹം കഴിച്ചു പുരുതം ചേർത്തു രണ്ടാമതും പോയി കാരണം കണ്ടുപിടിക്കാൻ പറ്റുമോ ആ പഴയ വിഷകന്യ ഇത് തന്നെയാണ് സാധനം അറിയുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് നിങ്ങൾ അറിയുക ഒരാൾക്ക് ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ട് ഒരാൾക്ക് ഹെപ്പറ്റൈറ്റിസ് സി ഉണ്ട് അയാളുമായുള്ള ബന്ധ ബാൻഡവങ്ങളിൽ മറ്റൊരാൾ ഹെപ്പറ്റൈറ്റിസ് സിയും ബിയും വാങ്ങുന്നു ഇയാളുടെ യാതൊരു ബ്ലഡ് ടെസ്റ്റിലും ഹെപ്പറ്റൈറ്റിസ് സിയും ബിയും ഇല്ല കണ്ടാൽ സുമുഖനായ യാതൊരു തൊക്കു രോഗവും യാതൊരു പ്രശ്നവും ഇല്ലാത്ത അവന്റെ സത്തെടുത്തൊന്നിട്ടു ഒന്നര മണിക്കൂർ കഴിഞ്ഞേ ഉള്ളൂ ചൊറഞ്ഞ് തടിക്കാൻ തുടങ്ങി മനസ്സിലായില്ല അവന്റെ വേരപ്പ് പറ്റിയൊക്കെ എടുത്തിട്ട് ഒന്നര മണിക്കൂർ കഴിഞ്ഞപ്പോൾ ചൊരിഞ്ഞടിക്കാൻ തുടങ്ങി അടുത്ത ദിവസം രാവിലെ നോക്കിയപ്പോൾ തല ചോദിച്ചു തലയിലൊക്കെ പൊറ്റനായാലൂടാ പുറത്തല്ല ഉണ്ടല്ലോ ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ നീവെല്ലാം കഴിച്ചു കാണും സോറിയാസിസ് ഉണ്ടാക്കുന്ന മറ്റവന്റെ വേരപ്പിലുണ്ട് അവനെ ഒരിക്കലും ബാധിക്കില്ല സങ്കീർണമാണോ ലോകം പഴയതള്ള ആ സോപ്പ് ഈ വെനിയൻ എടുത്തിരണ്ട ആ വന്നവളുടെ മടിയിൽ കയറിയിരിക്കണ്ട മറ്റവൻ കഴിച്ചേച്ചു പോയ ഉപ്പേലിയിൽ കൈയിട്ട് വാരി തിന്നണ്ട പിള്ളേരെ ആ കൂടെ കൊണ്ടേ ഇരുത്തണ്ട എന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങളുടെ മുഖം കൂടികളാണ് അതെല്ലാമെന്നും മാന്യത എന്ന് പറയുന്നത് സാർവലൗകികത്വമാണെന്നും പറഞ്ഞപ്പോൾ നിങ്ങളുടെ വീടുകളിലേക്ക് ആവാച്ചു കൊണ്ടുവന്നത് അത്രയും രോഗങ്ങളാണെങ്കിൽ വൈദ്യശാസ്ത്രം സങ്കീർണമായ ഒരു തലത്തിലാണ് ഇവയെ കാണുന്നതെങ്കിൽ രോഗാതുരത്വം നിങ്ങൾക്ക് അനുഗ്രഹമായാണ് വന്നു ചേരുന്നതെങ്കിൽ കൈ നളയിൽ വെച്ച് അനുഗ്രഹിക്കുന്നവരും കാലുകഴുകി വെള്ളം കുടിക്കുവാൻ പ്രേരിപ്പിക്കുന്നവരും മനസ്സിലായില്ല അവന്റെ പ്രതിബന്ധ ശക്തി അവന്റെ ക്ഷമത്വലം കൂടി നിൽക്കുന്നൊരവസ്ഥയിൽ അവനുള്ള മഹാരോഗ്യങ്ങളെ കൂടി ഏറ്റുവാങ്ങാൻ പര്യാപ്തമായ ഒരവസ്ഥയിലേക്ക് പോകുമെന്ന് ധരിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും അതിൽ നിന്നും മാറി നിൽക്കുവാൻ മര്യാദകൾ ഉപദേശിച്ചു തരികയും ചെയ്ത നിങ്ങളുടെ വല്ല്യമ്മമാർക്കുള്ള അറിവിന്റെ ആയിരത്തിലുള്ള പൊങ്ങച്ചക്കാരികളായ നിങ്ങൾക്കും നിങ്ങളുടെ സന്തതികൾക്കും നിങ്ങളുടെ ഭർത്താക്കന്മാർക്കും നിങ്ങളോടൊപ്പം നടന്നവർക്കും ഇല്ല എന്നെങ്കിലും തിരിച്ചറിയുന്നുവെങ്കിൽ പഴയമ്മമാര് ഇങ്ങനെയൊന്നും ചെയ്യാൻ സമ്മതിക്കില്ല അതുകൊണ്ടല്ലേ അവർ നിങ്ങൾ അവരെ നിങ്ങളുകൊണ്ട് ഓൾഡ് ഏജ് ഓവർ ഇട്ട് നിങ്ങൾ ഈ രോഗം മുഴുവൻ മേടിച്ചു കൂട്ടാനായിട്ട് എല്ലാം കൂടെ ഉണ്ടല്ലോ അതല്ലേ ഇങ്ങനെ അലയുന്നത് എത് കിട്ടാ പ്രേതങ്ങളെ പോലെ ആശുപത്രികളിൽ നിന്ന് ആശുപത്രികളിലേക്ക് മന്ത്രവാദിയിൽ നിന്ന് മന്ത്രവാദിയിലേക്ക് ജ്യോതിഷിയിൽ നിന്ന് ജ്യോതിഷയിലേക്ക് എന്നാണ് നിങ്ങൾക്ക് മുക്തി കിട്ടുക പണ്ടുള്ളവർ ഇങ്ങനെ അലഞ്ഞിരുന്നുവോ അവരെ നിഷേധിച്ചതിന്റെ ഭാഗ്യപത്രമല്ലേ നിങ്ങളുടെ രോഗങ്ങളും നിങ്ങളുടെ പ്രശ്നങ്ങളും നിങ്ങളുടെ സങ്കീർണതകളും ആധുനിക ശാസ്ത്രം എല്ലാത്തിനും പരിഹാരം നിർദ്ദേശിക്കുവാൻ കണ്ടെത്തിയതെന്ന് അവകാശപ്പെടുന്ന സങ്കീർണങ്ങളായ പദ്ധതികളിലൂടെ വീണ്ടും വീണ്ടും പോവുകയും അവയെക്കുറിച്ച് മാസികാപത്രങ്ങൾ എഴുതുകയും പഴമയെ നിഷേധിക്കുകയും അവയെ അടിക്കാവുന്നിടത്തെല്ലാം അടിക്കുകയും ചെയ്തിട്ട് നിങ്ങൾ നേടി നിൽക്കുന്നത് അത്രയും ദുഃഖമാണെങ്കിൽ ഒരു പുനർചിന്തനത്തിന് അവസരമുണ്ട് ഞാൻ വെറും വൈകൊണ്ട് നേരിടുകയല്ലെന്നാണ് എന്റെ ധാരണ മനസ്സിലായില്ല സമ്മതിക്കോ അത്ര വേഗം അത്ര സമ്മതിച്ച് സമ്മതിക്കാൻ പറ്റുമോ കുറെക്കാർ ഓടിയല്ലേ ഒരു ട്യൂർ ക്യാൻസർ പഠനങ്ങളിൽ വളരെ നിർണായകമാണ് കോശങ്ങളിലെ പരിണാമം നമ്മൾ സ്തനാർബുദത്തെ പഠിച്ചപ്പോൾ വജ്രത്തെ കുറിച്ച് പറയുകയില്ല ഓർമ്മയുണ്ടോന്നറിയില്ല ഏ ആഹാരത്തിലൂടെ കടന്നു ചെറിയ പൊടികൾ വന്നു ഇതുമെല്ലാം സ്രോതസ്സുകളിലൂടെ ക്ഷീരവഹകളായ സ്രോതസ്സുകളിലൂടെ കടന്നുപോകുന്നതും അവ നിലകൊള്ളുന്നതും അവയ്ക്ക് വേൽ ഒരു ആഭരണ കലയുണ്ടാകുന്നതും അത് അർബുദ കോശമായി തീരുന്നതും എന്നുള്ളൊരു പഠനം സ്ഥനാർബുദത്തെ സംബന്ധിച്ച് പ്രാചീനമായ ഗ്രന്ഥങ്ങളിൽ ഉണ്ടെന്നും കാശ്യ അങ്ങനെ പറയുന്നുണ്ടെന്നും നമ്മൾ പഠിക്കണ്ടായി ഓർമ്മയുണ്ടോ ഓ ആ കാശ്യ ഈ സന്ദേശം തന്നെയാണ് കഴിഞ്ഞ കാലഘട്ടത്തിൽ എല്ലാ അർബുദങ്ങളുടെയും കാരണമായി ആധുനിക വൈദ്യശാസ്ത്രം കണ്ടെത്തിയിരുന്നത് വൈദ്യശാസ്ത്രത്തിന്റെ ആ ഒരു കണ്ടെത്തലിനെ വെച്ചുകൊണ്ടാണ് ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ പ്രകൃതി ശാസ്ത്രജ്ഞന്മാർ പ്രകൃതി ചികിത്സാരംഗങ്ങളെയും കൊഴിപ്പിച്ചെടുത്തത് ഇങ്ങനൊരു സംഭവത്തെ കുറിച്ച് ഓർമ്മയില്ല അത് പറഞ്ഞു അതല്ല ഞാൻ പറഞ്ഞത് ഞാൻ ഇപ്പൊ പറഞ്ഞത് കിടന്നതാണ് ആധുനിക വൈദ്യശാസ്ത്രം അടുത്ത കാലത്ത് വരെ ഇങ്ങനെയുള്ളൊരു ഫോറിൻ ബോഡിയാണ് ക്യാൻസർ കോശത്തിന് കാരണമായി തീരുന്നതെന്ന് ശാസ്ത്ര ദൃഷ്ടിയ പറഞ്ഞിരുന്നു എന്നാണ് ഇപ്പൊ പറഞ്ഞത് മനസ്സിലായില്ല അവിടെ സ്ഥനാർബുദം അല്ലെങ്കിൽ സ്ഥനകീലകത്തെ കുറിച്ച് മാത്രം കാശ്യപ സംഹിത പറയുമ്പോൾ ഇതര അർബുദങ്ങളെയോ ഇതര വിദ്രഥികളെയോ ഇതര ഗ്രന്ഥങ്ങളും കാശ്യപ സംഹിതയും അങ്ങനെ കണ്ടിരുന്നില്ല അവിടെയാണ് വ്യത്യാസം ഈ ഒരു സ്ഥനകീലകത്തെ മാത്രം അങ്ങനെ കണ്ടുവെങ്കിൽ സ്ഥാന കീലകം ഒഴിച്ചുള്ള അർബുദ കോശങ്ങളുടെ കാര്യത്തിൽ ഇങ്ങനെ അല്ല എന്ന് വൈദ്യശാസ്ത്രം മറ്റുള്ളവരെ മാറ്റി പറഞ്ഞിട്ടും ആധുനിക വൈദ്യശാസ്ത്രം ഏറ്റവും പ്രാചീനമായ സ്ഥനാർബുദത്തെ സംബന്ധിക്കുന്ന ഈ പഠനത്തെയാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ പഠനത്തെയാണ് സകല അർബുദങ്ങളുടെയും കാരണമായി പറഞ്ഞത് മനസ്സിലായില്ല പുരുഷബീജം സ്വർണ്ണം വെള്ളി ചെമ്പർ തുടങ്ങിയ പദാർത്ഥങ്ങൾ നിങ്ങളുടെ പി വി പൈപ്പിലെ വെള്ളം നിങ്ങൾ തിന്നുമ്പോൾ കരിഞ്ഞ ദോശ ഭംഗിയ ദോശ ഒന്നും കേട്ടിട്ടില്ല ഏ പുകയില ഇങ്ങനെയുള്ളവയെല്ലാം ഫോറിൻ ബോഡികളാണെന്നും അവയുടെ റിയാക്ഷൻ ആണ് എല്ലാ അർബുദങ്ങളെന്നുമായിരുന്നു സമീപകാല വൈദ്യശാസ്ത്രത്തിന്റെ പഠനം ആ പഠനത്തെ അവലംബിച്ചു ഇന്നും കേരളത്തിലെ അർബുദ ചികിത്സ അരങ്ങേറുന്നത് വൈദ്യശാസ്ത്രം അവിടെ നിന്നെല്ലാം വളരെ ദൂരം പോയി പതിനായിരക്കണക്കിന് പേപ്പറുകൾ ഇനിയും പ്രസന്റ് ചെയ്ത് കഴിഞ്ഞു അതിന്റെ പഠനങ്ങളും ഔഷധങ്ങളും ും കമ്പനികൾ കണ്ടെത്തി എത്തുന്നത് വരെ തെറ്റാണെന്ന് തെളിഞ്ഞ ഇതിനെ വെച്ചുകൊണ്ട് കളിക്കുവാൻ മാത്രമേ വൈദ്യശാസ്ത്രത്തിന് പറ്റൂ എവിടെ ഒന്നും മനസ്സിലാകുന്നില്ലെന്നാണ് തോന്നുന്നേ ഒന്നും പിടികിട്ടുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നേ നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് അതോ മനസ്സിലായത് കൂടുതലായി പോയുണ്ടെന്ന് നിശബ്ദമായതാണ് അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക വളരെ സങ്കീർണ്ണമായ എനിക്കാൻ സങ്കീർണമെന്ന് തന്നെയാ പറയുക ഈ ഒരു വൈദ്യശാസ്ത്രത്തെ അവലംബിച്ചാണ് ഇതിനെതിരായി നീങ്ങുമ്പോഴും ആധുനിക വൈദ്യശാസ്ത്രത്തിനെതിരായി നീങ്ങുമ്പോഴും പ്രകൃതി ചികിത്സാരംഗം പോലും കൊഴുത്തത് ഈ സന്ദേശത്തെ അവലംബിച്ചാണ് അതാണ് ഞാൻ പറഞ്ഞു സിദ്ധാന്തപരമായി ഒരു ഫോറിൻ ബോഡിയാണ് നിങ്ങളുടെ ശരീരത്തിൽ ക്യാൻസർ എന്ന് പറയുന്ന കോശങ്ങളെ സൃഷ്ടിച്ചതെന്നും ആ ഫോറിൻ ബോഡിയെ പിന്തള്ളുക അതിനൊരു ഹീലിംഗ് ക്രൈസിസ് ഉണ്ടാക്കുക അങ്ങനത് തള്ളിക്കഴിഞ്ഞാൽ ക്യാൻസർ മാറുന്നു എന്ന് പറയുകയും ആയുർവേദത്തെ പോലും ആ പ്രകൃതി ചികിത്സാ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ കണ്ട് ആയുർവേദ മരുന്നുകൾ കഴിച്ചാലുടനെ രോഗമൊന്നും മൂർച്ഛിക്കുമെന്നും മനസ്സിലായില്ല ഒക്കെ ധരിക്കുകയും ചെയ്യുവാൻ പാകത്തിന് ഒരു വിദ്യാഭ്യാസ രീതി സമീപകാലത്ത് നിങ്ങളിൽ വളരാൻ ഇടയായിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് കോംപ്രമൈസ് ഇല്ലാതെ ഞാൻ പറഞ്ഞത് ഞാൻ അഹിതമായിട്ട് ചെയ്യുന്നതൊന്നും ഞാൻ പറഞ്ഞില്ല അവർ സ്വീകരി സ്വീകരിച്ച സിദ്ധാന്തം നിങ്ങളുടെ ശരീരത്തിൽ ഒരു ഫോറിൻ ബോഡിയാണ് രോഗമുണ്ടാക്കുന്നത് എന്ന ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ക്യാൻസറിനെ സംബന്ധിക്കുന്ന ഈ സിദ്ധാന്തത്തെയാണ് സ്വീകരിച്ചത് എന്ന് പറഞ്ഞത് പ്രകൃതി ചികിത്സയ്ക്ക് എതിരായി പറഞ്ഞതല്ല ഞാനതിനെ എടുത്തു പറഞ്ഞതല്ല നിങ്ങളത് മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാകാത്തതു നിങ്ങളുടെ വൈകാരികതയിൽ മനസ്സിലാക്കുന്നതുകൊണ്ട് ഒരു സിദ്ധാന്തം ഒരു ചികിത്സാശാസ്ത്രം സ്വീകരിക്കുമ്പോൾ ആധുനിക വൈദ്യശാസ്ത്രം സമീപകാലത്ത് ക്യാൻസറിനെ സംബന്ധിച്ച് സ്വീകരിച്ച ഒരു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ആകരിക്കുമ്പോൾ കരിഞ്ഞ ദോശ അത് ക്യാൻസറോ ജനിക്കാണ് എന്ന് പറഞ്ഞു ഒരു വൈദ്യശാസ്ത്രജ്ഞൻ അങ്ങനെ കണ്ടെത്തി ഇങ്ങനെ ഫോറിൻ പദാർത്ഥങ്ങൾ ശരീരത്തിലേക്ക് എത്തുമ്പോൾ കോശത്തിന് പരിണാമം ഉണ്ടാവുകയും അത് ക്യാൻസറായി മാറുകയും ആ മാലിന്യങ്ങളെ ഒരിടത്ത് ഊട്ടിവെക്കുകയും ചെയ്യുന്നു അതാണ് ട്യൂമറായി തീരുന്നത് എന്ന ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ അടിസ്ഥാന സിദ്ധാന്തത്തെ തന്നെയാണ് ആധുനിക കാലത്ത് പ്രകൃതി ചികിത്സാ ശാസ്ത്രജ്ഞന്മാരും അടിസ്ഥാന സിദ്ധാന്തമായി സ്വീകരിച്ചതെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത് ചികിത്സയെ സംബന്ധിച്ചൊന്നും ഞാൻ എതിർത്ത് പറഞ്ഞില്ല അനുകൂലിച്ചും പറഞ്ഞില്ല രണ്ടും പറഞ്ഞില്ല സിദ്ധാന്തം ഈ സിദ്ധാന്തത്തെ ബേസ് ചെയ്തൊരു ചികിത്സ രൂപാന്തരപ്പെടുമ്പോൾ സിദ്ധാന്തം തെറ്റാണെങ്കിൽ തനതായ ഒരു സിദ്ധാന്തം ഓരോ ശാസ്ത്രശാഖയും അതിൻ്റെതായ ഗവേഷണ പഠിത്വത്തിൽ കണ്ടെത്തുക എന്നുള്ളതിനു പകരം ഇന്ന് ആയുർവേദ ചികിത്സകനായാലും ആധുനിക വൈദ്യശാസ്ത്രജ്ഞനായാലും യുനാനി ചികിത്സകനായാലും ഹോമിയോപ്പതി ചികിത്സകനായാലും ലോകത്തുണ്ടാകുന്ന പുരോഗതിയെ ആധുനിക സൈക്കോളജിയുടെയും ആധുനിക ബയോകെമിസ്ട്രിയുടെയും ആധുനികളജിയുടെയും അടിസ്ഥാനത്തിൽ പഠിച്ച് അതിൽ നിന്ന് വ്യത്യസ്തങ്ങളായ ശാഖകളായി തിരിയുന്നു അടിസ്ഥാന തന്ത് പൊട്ടുമ്പോൾ ഇതെല്ലാം ഒന്നിച്ചു പൊട്ടുന്നുവെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായാലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നു ആ സിദ്ധാന്തത്തിന്റെ വെളിച്ചത്തിലായി ഈ സമീപകാലത്ത് വന്നിരിക്കുന്ന എല്ലാ ചികിത്സാ പ്രായണ ആളുകൾ സ്വീകരിച്ചത് അതുകൊണ്ട് എല്ലാം പരാജയങ്ങളായി തീരാൻ കാരണമായിട്ടുണ്ട് സൈദ്ധാന്തികമായ അടിസ്ഥാനത്തെ വേറൊരു ദിശയിലൂടെ കാണാൻ കഴിവുള്ളവന് മാത്രമേ ഈ രംഗത്ത് വിജയിക്കാൻ പറ്റൂ ഇപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായി ഏതാണ്ട് അത്രയും മനസ്സിലായെങ്കിൽ എനിക്ക് തുടരാ പല ആളുകളും പല വൈകാരികതയുള്ളത് കൊണ്ട് ഞാൻ എന്തിനൊക്കെ എതിരാണെന്നും എന്തിനൊക്കെ അനുകൂലമാണെന്നും ആദ്യം നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട് ഞാൻ ഒന്നിനും എതിരല്ല ഒന്നിനും അനുകൂലവുമല്ല അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് വേദന വരും കാരണം നിങ്ങൾ കുറെ കാലം ഒന്നിൻ്റെ ആളായിരിക്കും പിന്നെ വേറൊന്നിൻ്റെ ആളായിരിക്കും ഞാൻ ഒന്നിൻ്റെയും ആളല്ല പക്ഷെ ഏതെങ്കിലും ഒന്ന് പ്രയോജനപ്രദമാണെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുന്നു പലതരത്തിൽ നോക്കുമ്പോഴും പ്രാചീനരുടെ കണ്ടെത്തലുകൾ ൂടി സമഗ്രമായതുകൊണ്ട് അത് ആധുനികനെ മുന്നേറുവാൻ വലിയ വെളിച്ചവുമാകുമെന്ന് വിശ്വസിക്കുന്നു കാരണം ഏറ്റവും പ്രാചീനമായ വൈദ്യശാസ്ത്രം സ്ഥാനാർഹുദത്തെ മാത്രമാണ് ക്ഷീരവഹ സ്രോതസ്സുകളിലൂടെ വന്ന് ഒരു ഫോറിൻ ബോഡി അവിടെ ഇരുന്ന് അതായത് നഖം മുടി ഇതുപോലുള്ളവ ക്ഷീരവഹ സ്രോതസ്സിലെത്തി അതവിടെ ഇരുന്ന് ട്യൂമറായി തീരുന്നു ബ്രെയിനിൽ വരുന്ന ചില പ്രത്യേക ട്യൂമറുകൾ മാത്രമാണ് പന്നിയുടെ മാംസവും മറ്റും കഴിക്കുമ്പോൾ മുട്ടകൾ സ്രോതസ്സുകളിലൂടെ ചെന്ന് ബ്രെയിനിലെത്തി ആ ബ്രെയിനിൽ കോളണികളായി തീർന്ന് അവിടെ വിരിഞ്ഞ് അവിടെ വീണ്ടും മുട്ടയിട്ട് പുറത്തു കിടക്കാനാവാതെ അത് ട്യൂമർ പോലായി വളരുന്നു എന്നുള്ള സങ്കേതങ്ങൾ ചില അർബുദങ്ങൾക്ക് മാത്രമാണ് മനസ്സിലായില്ല എല്ലാ അർബുദങ്ങളും അങ്ങനെയല്ല എന്ന് തന്നെയാണ് പ്രാചീനന്റെ പഠനം എന്നാൽ സമീപകാലത്തെ വൈദ്യശാസ്ത്രം എല്ലാ അർബുദങ്ങളെയും ഫോറിൻ ബോഡികളുടെ പരിണാമമായാണ് കണ്ടെത്തിയത് ആ സിദ്ധാന്തത്തെ അവലംബിച്ചുകൊണ്ടാണ് ആധുനിക ചികിത്സാ രംഗം ആധുനിക ചികിത്സാ ശാസ്ത്രമല്ല ആധുനിക ചികിത്സാരംഗം വ്യത്യസ്ത ശാസ്ത്ര ശാഖകളിൽ ഈ അടിസ്ഥാനപരമായ മൗധ്യത്തെ സ്വീകരിച്ചു തന്നെയാണ് മുന്നേറിയത് സൈദ്ധാന്തികമായ ഈ വൈപരീത്യം തിരിച്ചറിയുമ്പോഴാണ് ചികിത്സാശാസ്ത്രമാകെ പൊള്ളത്തരമാണെന്ന് പറയേണ്ടി വരുന്നത് അവിടെ അവിടെ ഏത് ശാസ്ത്രശാഖയിലും ഒന്നോ രണ്ടോ വ്യക്തികൾ യോ കാലത്തിൻ്റെയോ മരുന്നെടുത്തു കൊടുത്ത വ്യക്തിയുടെയോ ചില പ്രത്യേക സാഹചര്യങ്ങളുടെയോ സങ്കലനവും വ്യവകലനവും സങ്കല്പനവും കൊണ്ട് രോഗം എന്നുള്ളത് ശാസ്ത്രത്തിന് അംഗീകരിക്കാവുന്ന ഒന്നാവില്ല മനസ്സിലായില്ല ഒരൗഷധത്തെ ഇന്ന തരം അർബുദത്തിന് അത് അതിൽ പ്രയോഗജാതുണ്ടെന്നും വന്നാൽ അത് ഏത് വ്യക്തി എടുത്തു കൊടുക്കുമ്പോഴും അർബുദത്തിൻ്റെ അതേ അർബുദത്തിന്റെ ഏത് ഘട്ടത്തിൽ കൊടുക്കുമ്പോഴും മാറേണ്ടതാണ് അങ്ങനെയാ ശാസ്ത്ര നിയമം അവിടെ വസ്തുവിൻ്റെ സ്വഭാവവും രോഗത്തിന്റെ സ്വഭാവവും കുറ്റമറ്റതായി പഠിക്കാൻ കഴിയണം ഒട്ടേറെ അർബുദങ്ങൾ പ്രാചീന കണക്കന്റെ കണക്കിൽ തന്നെ വൈദ്യശാസ്ത്രത്തോട് ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് വൈദ്യശാസ്ത്രത്തിന്റെ അടിസ്ഥാന തന്തു ബലത്തെയും ഓജസ്സിനെയും ആസ്പദമാക്കിയുള്ളതാണ് ബലം തന്നെയാണ് ആരോഗ്യം മനസ്സിന്റെയും വാക്കിൻ്റെയും ശരീരത്തിൻ്റെയും ബലം സമഗ്രമായി ചേരുമ്പോൾ മാത്രമാണ് ആരോഗ്യമുണ്ടാകുന്നത് എല്ലാ രസങ്ങളും സമീചീനമായി സമ്യക്കായി സ്വീകരിക്കുവാൻ പാകമാകുമ്പോഴാണ് ഒരാൾ ആരോഗ്യമുള്ളവനാകുന്നത് ഏക രസത്തെ അവലംബിച്ച് ജീവിക്കേണ്ടി വന്നാൽ അത് ആരോഗ്യമല്ല രോഗം വരുമ്പോൾ ചെയ്യേണ്ടതാണ് എരിവ് പുളി ഉപ്പ് കയ്പ് ചവർപ്പ് മധുരം രോഗ രസങ്ങളാണ് മനസ്സിലായി ഇതെല്ലാം പാകത്തിന് കഴിക്കാൻ പറ്റുന്നതും ദഹിക്കുന്നതും രൂപാന്തരപ്പെടുന്നതും ആതുരമാകാത്തതുമായൊരു ശരീരമാണ് പൂർണ്ണാരോഗ്യമുള്ള ശരീരം അതിൽ ചില രസങ്ങളെ പറ്റില്ല എന്ന് പറഞ്ഞാൽ ചില രസം കൊണ്ട് മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് വന്നാൽ അത് ആരോഗ്യമുള്ള ശരീരമല്ല ബലത്തിന്റെ കാര്യത്തിൽ ഇതെല്ലാം പ്രശ്നമാണ് ഇതെല്ലാം ചേർത്ത് വെച്ച് തൻ്റെ തന്നെ കോശങ്ങളിൽ ഉണ്ടാകുന്ന ഒരു പരിണാമമാണ് എന്ന് വന്നാൽ നാം നേരത്തെ പഠിച്ച പഠനത്തിൽ നിന്ന് ആധുനിക വൈദ്യശാസ്ത്രം വല്യശാസ്ത്രത്തെ ആയിരത്തി മുതൽ അവിടെ മുതലാണ് യൂറോപ്പിൽ ഇമ്മ്യൂണോളജി പഠനവിധേയമാകുന്നത് ൂണോളജി വലിയൊരു പഠനമായി കാരണം ആയിരത്തി തൊള്ളായിരത്തി ആദ്യത്തെ എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് കൊച്ചുറ ഡോക്ടർ ബോബൻ റിപ്പോർട്ട് ചെയ്യുന്നത് സെക്കൻഡ് വേൾഡ് വാർ വേൾഡ് വാർ കഴിഞ്ഞോളജി നിർണായകമായൊരു പഠനമായി തീരുന്നത് അപ്പൊ വലിയ ശാസ്ത്ര വിദഗ്ധന്മാരുടെ അഭിപ്രായത്തിൽ നമ്മുടെ പ്രതിരോധ സംവിധാനം സദാ പുറത്തു കളയുന്ന വിരുദ്ധ കലകളെ എതിരാളികളായ കലകൾ ടിഷ്യൂസ് നമ്മുടെ ടിഷ്യൂവിൽ തന്നെ വരുന്ന ഒരു പരിണാമമാണത് ആ പുറത്തു കളയുന്ന കലകളെ പുറത്താക്കുന്നതിന് കഴിയാതെ വരുമ്പോൾ കുറെ കലകളെ പുറത്ത് കളയണം അത് അർബുദമാക്കിരുന്നു എന്നാണ് അന്ന് കണ്ടെത്തിയത് അടുത്ത കാലത്ത് അർബുദ കോശങ്ങൾക്കാവശ്യമായ പോഷകം നൽകുകയും അർബുദ കോശങ്ങളെ സംരക്ഷണം ചെയ്തു കൊണ്ടുപോവുകയും അതിനെ ഒരു കവചം നൽകി പൊതിഞ്ഞ് രക്ഷിക്കുകയും ചെയ്യുന്നത് കണ്ടതോടെ അർബുദ കോശങ്ങൾ അന്യമാണെന്ന സങ്കല്പം തന്നെ തകർന്നിട്ടുണ്ട് നമ്മുടെ നല്ല കോശങ്ങൾക്ക് തുല്യം തന്നെയാണ് അർബുദ കോശങ്ങൾ അത് നമ്മുടെ തന്നെ ഭാഗമാണ് എന്ന് ഇന്ന് മനസ്സിലായി ആധികാരികങ്ങളെന്ന് ധരിച്ച് ആധുനിക നടത്തി പരീക്ഷണങ്ങളിലും പഠനങ്ങളിലും നിന്ന് പലതും അടർത്തിയെടുത്ത് അവയെ എതിർത്തു പോരുന്ന വിശ്വാസ പ്രമാണങ്ങൾ പോലെ വൈകാരികമാവുമ്പോൾ ആധുനിക വൈദ്യശാസ്ത്രത്തിന് ശാസ്ത്ര പരിവേഷണം എതിർപ്പിലൂടെ വിശ്വാസമാർജിക്കുന്നതിന് സഹായകമാകുന്നുമുണ്ട് ഇതും ഒരു മതം പോലെ വളരുന്നുണ്ട് വിജ്ഞാനശാസ്ത്രത്തിന്റെ ദൃഷ്ടികോണം വച്ച് നോക്കിയാൽ അറിവ് അറിഞ്ഞതിനെ മാറ്റുന്നില്ല എന്നാണ് ആ ഒരു തലത്തിൽ ഏതൊരറിവും ശരിയായ ഒരറിവാണെങ്കിൽ അത് മാറില്ല നമ്മുടെ അച്ഛനും അപ്പൂപ്പനും അപ്പൂപ്പന്റെ അച്ഛനും എട്ടു ഏഴും പതിനഞ്ചൊന്ന് തന്നെയാണ് വിളിച്ചത് അത്രയും മാത്തമാറ്റിക്കൽ ആയിരിക്കണം അന്ന് ശാസ്ത്രം അതാണ് ചരകന് പറയാൻ കഴിഞ്ഞത് ഈ ദൃഷ്ടികോണം അവിടെ തന്നെയുണ്ട് കറണ്ട് മതേഡ്സ് ഓഫ് മാനേജ്മെന്റ് ഓഫ് cancer of the bile ducts and pancreas are frustratingly limited mayo clinic proceedingsle 1990 lezhiviyachatha parisodichi nokkanannu in many instances i feel that conventional surgical and chemotherapeutic approaches to breast cancer are actively discussed and may decrease life expectancy dr levitt mammologist 1999 q1 london le practitioner mammologist idella nannu parisodhi chukki tirmaniya in many instances i feel that conventional radiation chemotherapy approaches to breast cancer has actively increased tricky and may increase life expectancy pala sandarbhangalil breast canceril mel nadathuna surgical interventions angyetam vinashakaramaanu enu maatramalla jeevida daikyathe ad kurakkayum cheyunnuvana ാണ് അദ്ദേഹം വളരെ ഭംഗിയായി പറഞ്ഞിട്ടുള്ളത് ലണ്ടനിലെ നല്ലൊരു survey of the results of cancer research. i find see that the surveyor good finish his task with a devastating impression of futility enna nan adhe paranjathu mathrumalla we have to face the reality that the practical outcome of the hundreds of thousands of man years of work with a mechanism of chemical carcinogenesis the significance of oncogenic viruses, the control of morphogenesis and immunological aspects of cancer has been precisely nil. Sir Mark Fairline, Burnett, Noblesamana Jethawan, that is why we pray. That is why we pray. That is why we pray for the development of if there could be such a thing as a comprehensive and unbiased survey of the results of cancer research i fancy that the surveyor would finish his task with a devastating impression of futility enana bayadindavithan adinirangi thirikkinavan vinashagaram ambidam nishvaraday kethi cheeram We have to face the reality that the practical outcome of the hundreds of thousands of man, years of work. Lovathe Shastra Garen ma, Kodani Kodi Dollar Gelavadhi Ch, Vershengalolang Reshna Jeeya. Hundreds of thousands of man, Years of work. Onno or endo vershadella ma, Years of work. meet the mechanism of chemical carcinogenesis genesis industrial carcinogenesis chemical carcinogenesis the control of morphogenesis the significance of oncogenic viruses ஒருபாகத்து chemical carcinogenesis നെ കുറിച്ച് ഒരു ഭാഗത്തു വൈറസുകളുടെ സാന്നിധ്യത്തെ കുറിച്ച് ദ കൺട്രോൾ ഇത്രയും വർഷം ഇത്രയും ആളുകൾ കോടാനുകോടി ഡോളർ ചെലവഴിച്ച് പഠനം നടത്തിയിട്ട് കിട്ടിയ റിസൾട്ടിനെ കുറിച്ച് എന്നോട് ചോദിച്ചാൽ